അവരിലെ ഒരു വിഭാഗം പറഞ്ഞു അാഹുസുബാലഹൂവറ്റ ആല നശിപ്പിക്കുകയോ കഠിനമായ ശിക്ഷ നൽകുകയോ ചെയ്യുന്ന ഒരു ജനതയെ നിങ്ങളെന്തിനാണുപദേശിക്കുന്നത് അവർ പറഞ്ഞു നിങ്ങളുടെ രക്ഷിതാവിനോട് ഒഴികഴിവ് ബോധിപ്പിക്കാനും അവർ ഭയഭക്തിയുള്ളവരാകാനും വേണ്ടിയാണിത്